യൂണിറ്റ് അരി വെന്തോ കമലം മണി പതിനൊന്നേ കാലായി പന്ത്രണ്ടരയ്ക്ക് മുൻപേ ചോറ് കെട്ടണം താമസിക്കരുത് ഇന്നലെ ആ ചോറുകാരൻ പയ്യന് എത്ര ദേഷ്യം വന്നു ഇന്ന് പറ്റില്ല അരി എപ്പോഴേ വെന്തു അവിയലിന്റെ കഷ്ണവും ഞാൻ അടുപ്പിൽ വെച്ചു അതും വേവുന്നുണ്ട് പുളിശ്ശേരിക്ക് കൂട്ടിതാ അരയ്ക്കുന്നു അവിയലിന്റേത് നേരത്തെ അരച്ചു കാല് മണിക്കൂറിനുള്ളിൽ രണ്ടും റെഡി പിന്നെ പപ്പടം കാച്ചണം സംഭാരവും ഉണ്ടാക്കണം ചോറ്റുപാത്രവും മോരുകുപ്പിയും ഒക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ കഴുകി കുറച്ചു മുൻപേ ഞാൻ പപ്പടം കാച്ചി സംഭാരവും ഉണ്ടാക്കി അത് കുപ്പിയിലും ആക്കി ഉപ്പിലിട്ടതും ചെറിയ പാത്രത്തിലേക്കെടുത്തു നീ എന്റെ ജോലിയൊന്നും ബാക്കിയില്ല നീ ആ കൂട്ടാൻ രണ്ടും വേഗം ശരിപ്പെടുത്തണം പിന്നെ നമ്മൾ ജയിച്ചു അമ്മ ഇന്നും പുളിശ്ശേരിക്ക് ശകല എരിവ് കൂടുതലാണ് അമ്മ പത്ത് പന്ത്രണ്ട് മുള കിട്ടില്ലേ ഞാൻ അത് മുഴുവനും അരച്ചു എന്റെ കൈയൊക്കെ നീറുന്നു അപ്പോ കൂട്ടാൻ എന്തൊരു എരിവായിരിക്കും ഞാനോ മറന്നോ നീയും ഓർത്തില്ലേ ശരി പോട്ടെ കുറച്ച് തൈര് കൂടുതൽ ഒഴിക്കാം ഇന്നത്തെ തൈരിന് നല്ല പുളിയുണ്ട് വേഗം ആ കൂട്ടൊന്നരക്കി അമ്മ എന്നെ വെപ്രാളപ്പെടുത്തല്ലേ മണി പതിനൊന്നു ആയില്ല ഇന്നലെ നമ്മൾ തോറ്റു അത് പോട്ടെ ഇന്ന് നമുക്ക് അവനെ തോൽപ്പിക്കാം പന്ത്രണ്ടരയ്ക്ക് അവൻ വരൂ അതിനു മുൻപേ തന്നെ ചോറ്റുപാത്രവും മോരുകുപ്പിയും ഒക്കെ വരാന്തയിൽ വെക്കാം അത് ഞാൻ ഏറ്റു അമ്മ പേടിക്കേണ്ട ലിസൺ അരിവെന്തോ കമലം മണി പതിനൊന്നേ കാലായി മണി പതിനൊന്നേ കാലായി പന്ത്രണ്ടരയ്ക്ക് മുൻപേ ചോറ് കെട്ടണം പന്ത്രണ്ടരയ്ക്ക് മുൻപേ ചോറ് കെട്ടണം താമസിക്കരുത് താമസിക്കരുത് ഇന്നലെ ആ ചോറുകാരൻ പയ്യന് എത്ര ദേഷ്യം വന്നോ ഇന്നലെ ആ ചോറുകാരൻ പയ്യന് എത്ര ദേഷ്യം വന്നോ ഇന്നങ്ങനെ പറ്റില്ല ഇന്നങ്ങനെ പറ്റില്ല അരി എപ്പോഴേ വെന്തു അരി എപ്പോഴേ വെന്തു അവിയലിന്റെ കഷ്ണവും ഞാൻ അടുപ്പിൽ വച്ചു അവിയലിന്റെ കഷ്ണവും ഞാൻ അടുപ്പിൽ വച്ചു അതും വേവുന്നുണ്ട് അതും വേവുന്നുണ്ട് പുളിശ്ശേരിക്ക് കൂട്ടിതാ അരയ്ക്കുന്നു പുളിശ്ശേരിക്ക് കൂട്ടിതാ അരയ്ക്കുന്നു അവിയലിൻ്റേത് നേരത്തെ അരച്ചു അവിയലിൻറേത് നേരത്തെ അരച്ചു കാൽ മണിക്കൂറിനുള്ളിൽ രണ്ടും റെഡി കാൽ മണിക്കൂറിനുള്ളിൽ രണ്ടും റെഡി പിന്നെ പപ്പടം കാച്ചണം പിന്നെ പപ്പടം കാച്ചണം സംഭാരവും ഉണ്ടാക്കണം സംഭാരവും ഉണ്ടാക്കണം ചോറ്റുപാത്രവും മോരുകുപ്പിയും ഒക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ കഴുകി ചോറ്റുപാത്രവും മോരുകുപ്പിയും ഒക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ കഴുകി കുറച്ചു മുൻപേ ഞാൻ പപ്പടം കാച്ചി കുറച്ചു മുൻപേ ഞാൻ പപ്പടം കാച്ചി സംഭാരവും ഉണ്ടാക്കി സംഭാരവും ഉണ്ടാക്കി അത് കുപ്പിയിലും ആക്കി അത് കുപ്പിയിലും ആക്കി ഉപ്പിലിട്ടതും ചെറിയ പാത്രത്തിലേക്കെടുത്തു ഉപ്പിലിട്ടതും ചെറിയ പാത്രത്തിലേക്കെടുത്തു ഇനി എന്റെ ജോലിയൊന്നും ബാക്കിയില്ല ഇനി എന്റെ ജോലിയൊന്നും ബാക്കിയില്ല നീ ആ കൂട്ടാൻ രണ്ടും വേഗം ശരിപ്പെടുത്തണം കൂട്ടാൻ രണ്ടും വേഗം ശരിപ്പെടുത്തണം പിന്നെ നമ്മൾ ജയിച്ചു പിന്നെ നമ്മൾ ജയിച്ചു അമ്മ ഇന്നും പുളിശേരിക്ക് ശകല എരിവ് കൂടുതലാണ് അമ്മ ഇന്നും പുളിശ്ശേരിക്ക് ശകല എരിവ് കൂടുതലാണ് അമ്മ പത്തു പന്ത്രണ്ട് മുള അമ്മ പത്തു പന്ത്രണ്ട് മുളക് കിട്ടില്ലേ ഞാൻ അത് മുഴുവനും അരച്ചു ഞാൻ അത് മുഴുവനും അരച്ചു എന്റെ കൈയൊക്കെ നീറുന്നു എന്റെ കൈയൊക്കെ നീറുന്നു അപ്പോ കൂട്ടാൻ എന്തൊരു എരിവായിരിക്കും അപ്പോ കൂട്ടാൻ എന്തൊരു എരിവായിരിക്കും ഞാനോ മറന്നു ഞാനോ മറന്നു നീയും ഓർത്തില്ലേ നീയും ഓർത്തില്ലേ ശരി പോട്ടെ ശരി പോട്ടെ കുറച്ച് തൈര് കൂടുതൽ ഒഴിക്കാം കുറച്ചു തൈര് കൂടുതൽ ഒഴിക്കാം ഇന്നത്തെ തൈറിന് നല്ല പുളിയുണ്ട് ഇന്നത്തെ തൈറിന് നല്ല പുളിയുണ്ട് വേഗം ആ കൂട്ടം നിരക്കി വേഗം ആ കൂട്ടം നരക്കി അമ്മ എന്നെ വെപ്രാളപ്പെടുത്തല്ലേ അമ്മ എന്നെ വെപ്രാളപ്പെടുത്തല്ലേ മണി പതിനൊന്നു പോലും ആയില്ല മണി പതിനൊന്നു പോലും ആയില്ല ഇന്നലെ നമ്മൾ തോറ്റു ഇന്നലെ നമ്മൾ തോറ്റു അതുപോട്ടെ അതുപോട്ടെ ഇന്ന് നമുക്ക് അവനെ തോൽപ്പിക്കാം ഇന്ന് നമുക്ക് അവനെ തോൽപ്പിക്കാം അവൻ വരൂ പന്ത്രണ്ടരയ്ക്ക് അവൻ വരൂ അതിനു മുൻപേ തന്നെ ചോറ്റുപാത്രവും മോരുകുപ്പിയുമൊക്കെ അതിനു മുൻപേ തന്നെ ചോറ്റുപാത്രവും മോരുകുപ്പിയുമൊക്കെ വരാന്തയിൽ വെക്കാം വരാന്തയിൽ വെക്കാം അത് ഞാൻ ഏറ്റു അത് ഞാൻ ഏറ്റു അമ്മ പേടിക്കേണ്ട അമ്മ പേടിക്കേണ്ട ഡ്രിൽ ഡ്രിൽ ഇന്ന് അരി കുറച്ചു കൂടുതൽ വെന്തു ഇന്ന് അരി കുറച്ച് കൂടുതൽ വെന്തു അവിയലിന്റെയും സാമ്പാറിന്റെയും കഷ്ണങ്ങൾ നന്നായി വെന്തില്ല അവിയലിന്റെയും സാമ്പാറിന്റെയും കഷ്ണങ്ങൾ നന്നായി വെന്തില്ല രാജൻ പന്തുകളിയിൽ തോറ്റു രാജൻ പന്തുകളിൽ തോറ്റു പക്ഷേ അവൻ പരീക്ഷയിൽ തോറ്റില്ല പക്ഷേ അവൻ പരീക്ഷയിൽ തോറ്റില്ല അവന്റെ എല്ലാ കാര്യവും കൂട്ടുകാരൻ ഏറ്റു അവന്റെ എല്ലാ കാര്യവും കൂട്ടുകാരൻ ഏറ്റു കൂട്ടാനൊക്കെ ഇന്ന് അമ്മ തന്നെ വച്ചു കൂട്ടാനൊക്കെ ഇന്ന് അമ്മ തന്നെ വച്ചു പപ്പടമൊക്കെ വേണു എടുത്തു പപ്പടമൊക്കെ വേണു എടുത്തു അമ്മ തന്നെ പാലും കാച്ചി അമ്മ തന്നെ പാലും കാച്ചി പാലിൽ പഞ്ചസാര ഇട്ടില്ല പാലിൽ പഞ്ചസാര ഇട്ടില്ല ചേച്ചി ഇന്നെനിക്ക് ഒരു സമ്മാനം തന്നു ചേച്ചി ഇന്ന് എനിക്ക് ഒരു സമ്മാനം തന്നു ആരും മിഞ്ഞാനത്തെ പരീക്ഷയിൽ തോറ്റില്ല ആരും മിനിഞ്ഞാന്നത്തെ പരീക്ഷയിൽ തോറ്റില്ല കുഞ്ഞ് കസേരയിൽ നിന്ന് താഴെ വീണു കുഞ്ഞ് കസേരയിൽ നിന്ന് താഴെ വീണു ഇന്നത്തെ കൂട്ടാനിലെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു ഇന്നത്തെ കൂട്ടാനിലെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു ആ പലഹാരമൊന്നും കുട്ടി തിന്നില്ല ആ പലഹാരമൊന്നും കുട്ടി തിന്നില്ല അച്ഛൻ തന്നെ ആ കാര്യം പറഞ്ഞു അച്ഛൻ തന്നെ ആ കാര്യം പറഞ്ഞു ആ ചെറിയ ജോലി പോലും അവൻ ചെയ്തില്ല ആ ചെറിയ ജോലി പോലും അവൻ ചെയ്തില്ല ബിൽഡപ്പ് ഡ്രിൽ മോഡൽ vendille kariyum onnum kariyum onnum vendille ariyum ariyum kariyum onnum vendille endha kamalam endha kamalam ariyum kariyum onnum vendille now follow the model toe to are are totu പരീക്ഷയിൽ ആര് തോറ്റു ഇന്നലത്തെ പരീക്ഷയിൽ ആരുതോറ്റു കഴുകിയോ പാത്രമൊക്കെ പാത്രമൊക്കെ കഴുകിയോ നീ തന്നെ നീ തന്നെ പാത്രമൊക്കെ കഴുകിയോ ഇന്നും ഇന്നും നീ തന്നെ പാത്രമൊക്കെ കഴുകിയോ ചോറ് കെട്ടി ഞാൻ തന്നെ ഞാൻ തന്നെ ചോറ് കെട്ടി ഈ സമയത്ത് ഈ സമയത്ത് ഞാൻ കെട്ടി ഇന്നലെയും ഈ സമയത്ത് ഞാൻ തന്നെ ചോറുകെട്ടി കാച്ചി പപ്പടമൊക്കെ പപ്പടമൊക്കെ കാച്ചി അമ്മ പപ്പടമൊക്കെ കാച്ചി ഇന്നും അമ്മ പപ്പടമൊക്കെ കാച്ചി ഓർത്തു ഞാൻ ഞാൻ ഓർത്തു നിന്നെപ്പറ്റി ഞാൻ ഓർത്തു രാവിലെയും രാവിലെയും നിന്നെപ്പറ്റി ഞാൻ ഓർത്തു മിനിഞ്ഞാന്ന് രാവിലെയും നിന്നെ പറ്റി ഞാൻ ഓർത്തു സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ അമ്മ തന്നെ പപ്പടവും ഉണ്ടാക്കി പലഹാരവും അമ്മ തന്നെ പലഹാരവും ഉണ്ടാക്കി സംഭാരവും അമ്മ തന്നെ സംഭാരവും നെയ്യും അമ്മ തന്നെ നെയ്യും ിട്ടതും അമ്മ തന്നെ ഉപ്പിലിട്ടതും ഉണ്ടാക്കി അമ്മ തന്നെ എല്ലാം ഉണ്ടാക്കി തകഴിയുടെ ഞാൻ കണ്ടു വായിച്ചു തകഴിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ വായിച്ചു മനസ്സിലാക്കി ം ഞാൻ മനസിലാക്കി അയച്ചു തകഴിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ അയച്ചു പഠിച്ചു പുതിയ പുസ്തകം ഞാൻ പഠിച്ചു പഠിപ്പിച്ചു തകഴിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു തകഴിയുടെ ഏറ്റവും പുതിയ പുസ്തകം ഞാൻ കൊടുത്തു അയാൾ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തി വിളിച്ചു അയാൾ അദ്ദേഹത്തിനെ വിളിച്ചു കണ്ടു അയാൾ അദ്ദേഹത്തിനെ അയച്ചു മണിയടിച്ചു അയാൾ അദ്ദേഹത്തിന് മണിയടിച്ചു അയാൾ അദ്ദേഹത്തിന് വെറുത്തു നിർത്തി അയാൾ അദ്ദേഹത്തിന് നിർത്തി പിടിച്ചു അയാൾ അദ്ദേഹത്തിനെ പിടിച്ചു രാധ അവരെ പറ്റി പറഞ്ഞു രാധ അവരെ ചോദിച്ചു എഴുതി രാധ അവരെ പറ്റി എഴുതി കേട്ടു രാധ അവരെ കേട്ടു വായിച്ചു രാധ അവരെ വായിച്ചു പഠിച്ചു രാധ അവരെ പറ്റി പഠിച്ചു പഠിപ്പിച്ചു രാധ അവരെ പറ്റി പഠിപ്പിച്ചു നീ അവളോടും പറഞ്ഞോ അപേക്ഷിച്ചോ നീ അവളോടും അപേക്ഷിച്ചോ സംസാരിച്ചോ നീ അവളോടും സംസാരിച്ചോ വഴക്കുകൂടിയോ നീ അവളോടും വഴക്കുകൂടിയോ ക്ഷമിച്ചോ നീ അവളോടും ക്ഷമിച്ചോ ചോദിച്ചോ നീ അവളോടും ചോദിച്ചോ ശാരദയ്ക്കും രമണി അത് കൊടുത്തോ അയച്ചോ ശാരദയ്ക്കും രമണി അത് അയച്ചോ വാങ്ങിച്ചോ ശാരദയ്ക്കും രമണി അത് വാങ്ങിച്ചോ എഴുതിയോ ശാരദയ്ക്കും രമണി അത് എഴുതിയോ എല്ലാവരും ആ വീട്ടിൽ എത്തി വന്നു എല്ലാവരും ആ വീട്ടിൽ വന്നു പോയി എല്ലാവരും ആ വീട്ടിൽ പോയി ഇരുന്നു എല്ലാവരും ആ വീട്ടിൽ ഇരുന്നു താമസിച്ചു എല്ലാവരും ആ വീട്ടിൽ താമസിച്ചു കിടന്നു എല്ലാവരും ആ വീട്ടിൽ കിടന്നു എല്ലാവരും ആ വീട്ടിൽ ഉറങ്ങി ട്രാൻസ്ഫർമേഷൻ ഡ്രിൽ മോഡൽ പാത്രങ്ങളെല്ലാം കഴുകി പാത്രങ്ങളെല്ലാം കഴുകിയില്ല നൗ ഫോളോ സാമ്പാർ വലിയ സാമ്പാർ വലിയ പാത്രത്തിലാക്കിയില്ല കാര്യങ്ങൾ അവർ ശരിപ്പെടുത്തി കാര്യങ്ങൾ അവർ ശരിപ്പെടുത്തിയില്ല കൂട്ടാന് പന്ത്രണ്ട് മുളക് ഇട്ടല്ലോ കൂട്ടാന് പന്ത്രണ്ട് മുളക് ഇട്ടില്ലല്ലോ കമലം കറിക്ക് കൂട്ടരച്ചു കമലം കറിക്ക് കൂട്ടരച്ചില്ല അത്രയും തൈര് ആ പാത്രത്തിൽ ഒഴിച്ചു അത്രയും തൈര് ആ പാത്രത്തിൽ ഒഴിച്ചില്ല ഡ്രിൽ മോഡൽ വൺ നീ തന്നെ ആ പാത്രമൊക്കെ കഴുകിയോ ആരെ ഞാനോ ഇല്ല ഞാനൊന്നും കഴുകിയില്ല നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ ആ സിനിമ കണ്ടോ നിങ്ങൾ അവിടെ പോയോ കമല ആ പാട്ട് പാടിയോ ോഡൽ ടു അവളെപ്പറ്റി നിങ്ങൾ എന്ത് പറഞ്ഞു അവളെ പറ്റിയോ അവളെപ്പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നൗ ഫോളോ ദോഡൽ തോമസിനെ പറ്റി നിങ്ങൾ എന്ത് കേട്ടു രാധയെപ്പറ്റി അദ്ദേഹം എത്ര കവിത എഴുതി നെഹ്റുവിനെപ്പറ്റി നിങ്ങൾ എത്ര പുസ്തകം വായിച്ചു